യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ് സ്നേഹം വേണം ഉത്സാഹം വേണം ഉണർവ് വേണം പ്രചോദനം വേണം ധൈര്യം വേണം ശക്തി വേണം ഇങ്ങനെ പലതും പലതും നമുക്ക് ആവശ്യമുണ്ട് മരിക്കുന്നത് വരെ ഉന്മേഷവും സന്തോഷവും ആനന്ദവും ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും നാം ഇപ്പോ ധരിച്ചു വെച്ചിരിക്കുന്നത് ചുറ്റുപാടുകൾക്ക് ഇതെല്ലാം തരുന്ന പറ്റുന്നതാണ് അപ്പോൾ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് മക്കൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ ഇതെല്ലാം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എനിക്കൊരു ഉണർവുണ്ടാവും മിക്കവാറും ഞാനും നിങ്ങളും ഉത്തരവാദിത്വങ്ങളുള്ളപ്പോഴാണ് ഉണർവിലേക്കും ഉത്സാഹത്തിലേക്കും നീങ്ങാറ് ഉത്തരവാദിത്വമില്ലെങ്കിൽ പിന്നെ ഉണർവും ഉത്സാഹവും ഉണ്ടാവില്ല അതായത് ഒരു ജോലി ഒരാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ രാവിലെ അയാൾക്ക് ഉണരാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടല്ല ജോലി അയാൾ കണ്ട് പറയും ഇതേ കടന്നിറങ്ങരുത് നിനക്ക് ജോലി ഉണ്ട് അല്ലേ ജോലി പോകും കിടന്നണിക്കുന്നത് കിടന്നതെന്ന് എണിക്കാൻ പറയും എന്നാൽ ഞായറാഴ്ചയല്ലോ നിങ്ങൾ കുട്ടികളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ ഉത്സാഹം താനെ നഷ്ടപ്പെട്ടു കാരണം അന്ന് ഇങ്ങോട്ട് ഒന്നും ചെയ്യാനില്ല അപ്പൊ ഉണരാനുള്ള ഉത്സാഹമില്ല അപ്പൊ നമ്മൾ ഉണർത്തിയത് വാസ്തവത്തിൽ ഒരു ജോലിയാകുന്ന ഉത്തരവാദിത്വമാണോ ഒരു ഭാര്യ ഉണർത്തുന്നത് ഭർത്താവും കുടുംബവും കുട്ടികളും ഉണ്ട് എന്നൊരു ഉത്തരവാദിത്വമാണോ തീർച്ചയായിട്ടും അതിനൊരു പരിധിവരെയൊക്കെ നമ്മളെ ഉത്സാഹഭരിതരാക്കാൻ സാധിക്കും പക്ഷേ അത് ഉള്ളിൽ നിന്ന് വരുന്ന ഉത്സാഹമല്ല അത് പുറമേ നിന്ന് പ്രേരിപ്പിക്കപ്പെട്ട ഉത്സാഹമാണ് പുറമേ നിന്ന് പ്രേരിപ്പിക്കപ്പെട്ടപ്പെട്ട ഉത്സാഹങ്ങൾക്കൊന്നും സ്ഥായി ഭാവമില്ല എന്നും ഒരുപോലെ ഇരിക്കാൻ സാധ്യല്ല കാരണം പുറമേയുള്ള ചുറ്റുപാടുകളൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്സാഹം താൻ നഷ്ടപ്പെടുന്നു ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളെ പോലെയാണിത് ശബരിമലയ്ക്ക് വ്രതം എടുക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ആ വ്രതം എടുത്ത് അന്ന് മുതൽ ഭയങ്കര ഉത്സാഹമാണ് അവർക്ക് രാവിലെ നാല് മണിക്ക് എങ്കിലും ആരും പറയേണ്ട അമ്പലത്തിൽ പോകുന്നു ചെരുപ്പ് അങ്ങനെ മത്സ്യവും മാംസമൊക്കെ ഉപേക്ഷി ഉപയോഗിക്കുന്നവരാൻ ചില അതുപേക്ഷിക്കുന്നു ബി സിഗരറ്റ് തുടങ്ങിയൊക്കെ വലിക്കുന്നവരാൻ ചില ഉപേക്ഷിക്കുന്നു മദ്യം കഴിക്കുന്നവരാണ് ചിലപേക്ഷിക്കുന്നു അങ്ങനെ ഒരു തീവ്രമായൊരു ഒരു തപസ് എത്ര ദിവസം ശബരിമലയിലൊക്കെ പോയി ദർശനമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നും താഴേക്ക് ഇറങ്ങുമ്പം താ കിടക്കുന്ന ആള് പഴയതുപോലെ രാവിലെ എണീക്കാൻ ഉത്സാഹമില്ല പഴയതെന്തൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടോ അതൊക്കെ വീണ്ടും എടുക്കുന്നു നമ്മളെ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നു സ്വാമിയെ കാണുന്നു ആ ഒരു നമ്മൾ ഏറ്റെടുത്തൊരു കർത്തവ്യമല്ലേ ശരിയല്ലേ എപ്പോൾ ആ കർത്തവ്യം നമ്മൾ വിട്ടുപോകുന്നു പിന്നെ ആ ഉത്സാഹം നമുക്ക് കൊണ്ടു സാധിക്കുന്നില്ല അപ്പൊ മരിക്കുന്നത് വരെ നമ്മളെ ഉത്സാഹത്തിലേക്ക് പ്രേരിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക അവിടെയാണ് മറ്റൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടത് എത്രയാണ് അതേത് ഉത്തരവാദിത്വമാണ് ഞാൻ ഇങ്ങോട്ട് ജനിച്ചു വന്നിരിക്കുന്നത് എന്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം ഈശ്വരനെ സ്നേഹിക്കുക എന്നുള്ള ഭഗവത് പ്രേമമാണ് ഭഗവത് പ്രേമത്തിലൂന്നി എന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ള ഭഗവത് പ്രേമത്തിലാണ് ഉത്സാഹമിരിക്കുന്നത് ഭഗവത് പ്രേമത്തിലാണ് ഊർജമിരിക്കുന്നത് ഭഗവത് പ്രേമത്തിലാണ് ഉന്മേഷം ഇരിക്കുന്നത് എപ്പോൾ നമ്മൾ ഈ ഒരു ഉത്തരവാദിത്വം മനസ്സിലാക്കിയിട്ട് പ്രയത്നിക്കുന്നുണ്ടോ രാവിലെ എണീറ്റ് ത്യാനം ജപം ഇതൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊരിക്കലും അലസനായിട്ടിരിക്കാൻ സാധ്യല്ല അവരുടെ ആ ഉത്തരവാദിത്വം തന്നെ അവരെ ഉണർത്തുന്നുവരെയാണ് ഒരിക്കലും ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അദ്ദേഹത്തിനെ ഉത്സാഹം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ചിട്ടയോടുകൂടിയിട്ടുള്ള ജീവിതമാണ് ഒരിക്കലും അദ്ദേഹം എവിടെയോ ആളുകളുടെ അവരുടെ കൂടെയുള്ള പണ്ഡിറ്റ് നെഹ്റു തുടങ്ങിയിട്ടുള്ള രാജാജി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ കൂടെ എവിടെയോ കറങ്ങാനിട വന്നു അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും കടന്നുറങ്ങണം വളരെ ലേറ്റായിട്ട് ആ കടന്നുറങ്ങണം എന്തൊക്കെയോ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കടന്നുറങ്ങിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ് അവർ പണ്ഡിറ്റ് നെഹ്റു ഒക്കെ നോക്കുന്ന സമയത്ത് ഗാന്ധിജി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ചോദിച്ചു എൻ്റെ ബാപ്പു സുഖമില്ലേ ചോദിച്ചു അങ്ങനെന്താ ഈ രാത്രിയിൽ പാതിരയ്ക്ക് നടക്കുന്നത് ഉണ്ട് ഗാന്ധിജി പറയാണ് ഞാൻ എന്റെ പ്രാർത്ഥനകളൊന്നും ഇന്ന് പ്രാർത്ഥിച്ചിട്ടില്ല അല്ല അതിനെതിരെ ഈ രാത്രി ഇങ്ങനെ നടക്കുന്നതെന്ന് നിങ്ങൾ ഊണ് കഴിക്കാൻ മറന്നോ ഇല്ല നിങ്ങൾ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറന്നോ ഇല്ല എന്നാ പ്രാർത്ഥിക്കാൻ നിങ്ങൾ മറന്നോ അത് മറന്നിട്ടുണ്ട് അതിപ്പറ്റി നാളെ ചെയ്താൽ പോരാ എന്ന് പറയുന്നത് എന്നെ നാളെ ഉണർത്തുന്നത് ഈ പ്രാർത്ഥനയുടെ ശക്തിയാണ് അപ്പൊ എന്തിനാ നടക്കുന്നതെന്ന് ഇരുന്നാൽ എനിക്ക് ഉറക്കം വരും അതുകൊണ്ട് നടന്നു ചൊല്ലേ ഞാൻ പ്രാർത്ഥന അപ്പൊ നോക്കാം ഒരു ജീവിതത്തിലൊരു ചിട്ട പിന്നീടാണ് ഗാന്ധിജി രാവിലെയും വൈകുന്നേരം ചിട്ടയോടുകൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വെച്ചത് മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനകളില്ലാത്ത ദിവസമുണ്ടായിരുന്നു അദ്ദേഹം അവസാന യാത്ര ചെയ്യുന്നതിന്റെ പ്രാർത്ഥനാ യോഗത്തിന് പോകുമ്പോഴാണ് വെടിയേറ്റ് മരിച്ചത് അഞ്ചന എന്നൊരു സമയമുണ്ടെങ്കിൽ ഗാന്ധിജി ഡയസിലെത്തും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് നമുക്ക് എണീക്കാൻ സാധിച്ചാൽ ഉയർ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ മരിക്കുന്നത് വരെ ഉണർവും ഉണ്ടായേ പറ്റുള്ളൂ നിങ്ങൾ ഗുരുവായൂരിലൊക്കെ പോകുമ്പോൾ നിങ്ങളത് അനുഭവപ്പെടും ആ ഗുരുവായൂരിലൊരു രാവിലെ രണ്ട് രണ്ടരയാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പറ്റില്ല മനസ്സ് പറയുന്നത് ഈ വാകച്ചാർ തൊഴാൻ പോകേണ്ടേ വാകച്ചാർത്തിന് പോകേണ്ടേ നിർമ്മാലിന്യം തുഴാൻ ഇതൊക്കെ ഇങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നിങ്ങൾ ആ പ്രദേശത്തെത്തിയാൽ തന്നെ ഏതോ ശക്തി നിങ്ങളെ പിടിച്ച് ഉണർത്തിയിരിക്കും എന്ന് മാത്രമല്ല നിങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും കിടന്നു തുടങ്ങാൻ പറ്റില്ല ക്ഷീണം വരില്ല കാരണം ആ അന്തരീക്ഷത്തിന് തന്നെ ആ ഒരു പരിതസ്ഥിതിക്ക് തന്നെ നമ്മളെ ഉണർത്താനുള്ള ഒരാവേശമുണ്ട് പറയാം ഇല്ലേ നില ഫീൽ ചെയ്തിട്ടുണ്ടാവും അനുഭവിച്ചിട്ടുണ്ടാവും ഇത് നമ്മുടെ ഗൃഹങ്ങളിൽ കൊണ്ടുതറക്കാൻ നമുക്ക് സാധിക്കണം വീട്ടിലെത്തുമ്പോൾ നമ്മൾ നേരെ വിപരീതമാവുകയാണ് രാവിലെ ഇപ്പം എന്തിനാ രാവിലെ ഒരു കിടന്നു ഒരു ഉന്മേഷമില്ല ഒരു ഉഷാറില്ല ഒരു ഊർജ്ജമില്ല ഒരു പ്രസരിപ്പില്ല ഒരു പ്രചോദനമില്ല ഒരു ഗാംഭീര്യത ജീവിതത്തിനില്ല അത് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഭഗവത് പ്രേമത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ആ പ്രേമം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും അത് അവനവന്റെ മനസ്സിനെ അവനവൻ പരിശീലിപ്പിക്കണം അതായത് നമ്മൾ ചില ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തണം എന്താ ചോദ്യം എന്റെ ജീവിതത്തെ ജീവിതമാക്കി നിർത്തുന്നത് ശക്തികളാണ് അപ്പൊ നമുക്ക് കാണാം മനസ്സ് ഉണർന്നാലേ ശരീരം ഉണ്ടെന്നും ശരീരത്തിലൂടെ അനുഭവങ്ങൾ അനുഭവിക്കാനും സാധിക്കുള്ളൂ മനസ്സില്ലായിരുന്നുവെങ്കിൽ ഒരു അനുഭവത്തിനും പ്രസക്തിയില്ല ശരിയല്ലേ മനസ്സിനെ ഉണർത്തുന്നതാരാണ് അത് ഭഗവത് ചൈതന്യമാണ് അപ്പൊ ഭഗവത് ചൈതന്യത്തിൽ മനസ്സരിക്കുന്നു ആ മനസ്സിൽ ശരീരമരിക്കുന്നു ഇതാണ് എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു സ്മരണയിൽ വേണം ഞാൻ ജീവിക്കാൻ അങ്ങനെയാണെങ്കിൽ സൂക്ഷ്മമായ ഭഗവത് സത്യത്തെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പ്രേമത്തോടെ സ്മരിക്കും തോറും എനിക്ക് ജീവിക്കാനുള്ള ഉണർവും ഉത്സാഹവും കിട്ടിയേ ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുകയാണ് അത് മനസ്സിലാക്കി ഒരു ഭാഗമാണ് രുക്മിണി സ്വയംവരം രുക്മിണി സ്വയംവരത്തിൻ്റെ ആധ്യാത്മികമായ ഒരു തത്വത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ രുക്മിണി എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശിപ്പിക്കുന്നത് എന്തോ അത് രുക്മം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം മെറ്റലുകളിൽ പ്രകാശമുള്ള റിഫ്ലക്ഷനുള്ള ഏക മെറ്റൽ സ്വർണം മാത്രമാണ് അതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ വില അതിനുള്ളത് ഞാനും നിങ്ങളും ഇരുമ്പിൻ്റെ ഒരു മാലി കെട്ടി നടക്കാറില്ല ഉണ്ടോ നായക്കിടാറുണ്ട് നമ്മുടെ കഴുത്തിൽ ഇരുമ്പിന്റെ ചങ്ങല കെട്ടാറില്ല അതുപോലെ നമ്മൾ മറ്റൊരു ചങ്ങലയും കെട്ടാറില്ല വെള്ളി അതിന് റിഫ്ലക്ഷൻ വളരെ കുറവാണതിന് സ്വർണത്തിന് അതിനേക്കാളും റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ടാണല്ലോ ആളുകൾ സ്വർണം കൊണ്ട് നടക്കുന്നത് അപ്പോൾ സ്വർണം നമ്മുടെ ജീവിതത്തെ സ്വർണ്ണമാക്കി മാറ്റുന്നത് എന്ന് വെച്ചാൽ ചൈതന്യമാക്കി മാറ്റുന്നത് തേജോമയമാക്കി മാറ്റുന്നത് അതാരാണ് മനസ്സാണെന്ന് പറയുകയാണ് ആ മനസ്സിന് എവിടുന്ന് കിട്ടി ഈ ചൈതന്യം ആ ചൈതന്യം കിട്ടിയിരിക്കുന്നത് ഈശ്വര ചൈതന്യത്തിൽ നിന്ന് അതുകൊണ്ടാണ് രുക്മിണി കൃഷ്ണനെ സ്നേഹിച്ചത് എനിക്ക് ഭർത്താവായിട്ട് കൃഷ്ണൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് രുക്മിണി മോഹിച്ചു അങ്ങനെ ആ ഒരു തപസ് അവസാനം രുക്മിണിയെ കൃഷ്ണനിലേക്ക് എത്തിച്ചു പരിയാണ് അതിനാരൊക്കെയാണ് സഹായിച്ചത് ഒരു ബ്രാഹ്മണനാണ് സഹായിച്ചത് ആരാണ് ബ്രാഹ്മണൻ ഗുരുവാണ് പരിയാണ് ഗുരുവിന്റെ സഹായത്തിലൂടെ മാത്രമേ ഒരു ഗുരുവിന്റെ ഉപദേശത്തിലൂടെ മാത്രമേ ഗുരുവിന്റെ അനുഗ്രഹത്തിലൂടെ മാത്രമേ മനസ്സിനെ ഈശ്വരോന്മുഖമാക്കി ഉയർത്താൻ സാധിക്കുകയുള്ളൂ എത്രയോ ശക്തിയുള്ള കഴിവുള്ള അർജുനന് പോലും തന്റെ മനസ്സിനെ ഈശ്വരോന്മുഖമാക്കി തീർക്കാൻ സാധിച്ചത് ഒരു കൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് കള്ളനായി നടന്നൊരു രത്നാകരന് തന്റെ മനസ്സിനെ ഈശ്വരോന്മുഖമാക്കി തീർക്കാൻ സാധിച്ചത് ഒരു നാരദ മഹർഷിയുടെ സമ്പർക്കത്തിലൂടെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ഗുരുവിന്റെ സാന്നിധ്യം കൊണ്ട് ഗുരുവിന്റെ സഹായം കൊണ്ട് നമ്മുടെ മനസ്സിനെ ഈശ്വരോന്മുഖമാക്കി ഉയർത്താൻ നമുക്കോരോരുത്തർക്കും സാധിക്കും ഏത് ഗുരുവാണ് നമ്മളെ സഹായിക്കാനുള്ളത് പറയുന്നു ഈ ഭാഗവതം തന്നെ ഒരു ഗുരുവായി തീരണം അത് നമുക്കിന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ഭാഗങ്ങളിലേക്ക് കടക്കാം അങ്ങനെ ഈ കഥ പറഞ്ഞ് ഉപസമരിപ്പിക്കുന്നു ആര് ഭഗവാനെ പ്രേമിക്കുന്നു ഭഗവാൻ തന്നെ അവരെ തന്നിലേക്ക് സ്വീകരിക്കുന്നാൽ പിന്നെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്ന് തിരിഞ്ഞാൽ തന്നെ മതി ഭഗവാൻ പറയും ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വത് ശാന്തി കൗന്ദേയ പ്രതിജാനേ നമ നമേ ഭക്ത ഒന്ന് എന്നിലേക്ക് തിരിഞ്ഞാൽ തന്നെ ഞാൻ അയാളെ പിടിച്ച് കരയിലേക്ക് കയറ്റുന്നതാണ് ഏതുപോലെ ഒരു പുഴ കടലിലെ ലക്ഷ്യമായി ഒഴുകിയാൽ മതി കടൽ അതിനെ തന്നിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊള്ളും ഇതുപോലെ ഭഗവാനിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ തന്നെ ആ ഭഗവത് പ്രചോദനം നമ്മളെ അങ്ങോട്ടങ്ങോട്ട് ആകർഷിക്കുന്നവരെയാണ് ഒരു ഇരുമ്പ് മാഗ്നറ്റിന്റെ അടുത്ത് നിന്നാൽ മതി മാഗ്നറ്റ് ആ ഇരുമ്പിനെ തന്നിലേക്ക് വലിച്ചെടുത്തുകൊള്ളും ഈ ഒരു സാധനയാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്യേണ്ടത് അതിനുശേഷം അടുത്ത വ്യാഖ്യാനത്തിലേക്ക് കിടക്കുകയാണ് രുക്മിണീ ദേവി ഭഗവാനുമായിട്ട് ദാമ്പത്യ ജീവിതം അനുഭവിച്ചുകൊണ്ട് ദിവസങ്ങളും നാളുകളും കഴിയുന്നു അതിനിടയ്ക്ക് രുക്മിണി ദേവി ഭഗവാനോട് തനിക്കൊരു പുത്രനെ വേണമെന്ന് കേനപേക്ഷിക്കുകയാണ് ഭഗവാൻ പറഞ്ഞു ദേവി ശിവനെ ഉപാസിക്കൂ അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് ഇവിടെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ പുരാണങ്ങൾക്കും അതുപോലെ ഉപനിഷത്തുകൾക്കൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷ പരോക്ഷമാണ് ഒരേ വാക്കുകളെ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറ്റേണ്ടി വരും ഇപ്പൊ ഇവിടെ നമ്മൾ രുക്മിണിയും കടക്കുമ്പോൾ ആ രുമി എന്നുള്ളതിന് വ്യാഖ്യാനം മാറ്റേണ്ടി അത് പുരാണങ്ങളുടെ ഒരു അതുപോലെ ഉപനിഷത്തുകളുടെ ഒരു പ്രത്യേകതയാണ് ഒരേ ശബ്ദത്തിന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത വ്യാഖ്യാനം അതുകൊണ്ടാണ് വ്യാസമഹർഷിക്ക് ബ്രഹ്മസൂത്രം എഴുതേണ്ടി വന്നത് ഏത് വ്യാ ഏതുപനിഷത്തിൽ ഏത് മന്ത്രത്തിന് ഏത് വ്യാഖ്യാനമാണ് കൊടുക്കേണ്ടത് ആത്മാ എന്ന ശബ്ദത്തിന് ഓരോ ഉപനിഷത്തിലും വ്യത്യസ്ത അർത്ഥങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മം എന്ന ശബ്ദത്തിന് ഓരോ ഉപനിഷത്തിലും വ്യത്യസ്ത അർത്ഥങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഭൂമി എന്ന ഭൂമോ എന്നുള്ള ശബ്ദത്തിന് ഓരോ ഉപനിഷത്തിലും വ്യത്യസ്ത അർത്ഥങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കതിനെ വേർതിരിച്ച് വ്യാഖ്യാനിക്കേണ്ടി വ്യാഖ്യാനിച്ചു തരേണ്ടിയിരിക്കുന്നു ഒരു ആശ്ചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പുരാണങ്ങളൊക്കെ പരോക്ഷമായ ശാസ്ത്രമാണെന്ന് പോലും അറിയുന്നവർ വളരെ ദുർലഭമാണ് നമ്മളൊക്കെ കരുതുന്നത് ഇതുവരെയൊരു കഥയും ആ കഥ പറഞ്ഞു തന്നിട്ട് നമ്മളെയൊക്കെ മനസ്സിനെ തൽക്കാലം ആശ്വസിപ്പിച്ച് ശാന്തമാക്കിയിട്ട് മാറ്റുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഉപനിഷത്തുക്കളെ പ്രത്യക്ഷ ശാസ്ത്രം എന്ന് വിളിക്കും പുരാണങ്ങളെ പരോക്ഷ ശാസ്ത്രം എന്ന് വിളിക്കും പരോക്ഷം എന്ന് പറഞ്ഞാൽ കഥകളിലൂടെ തത്വങ്ങൾ പറഞ്ഞു നമ്മുടെ മനസ്സിനെ ഉയർത്തുന്ന പ്രക്രിയയ്ക്കാണ് പരോക്ഷശാസ്ത്രം എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ അതിൻ്റെ സൂക്ഷ്മാർത്ഥം നമുക്ക് മനസ്സിലാവില്ല ഇതൊരു അധ്യാപകന്റെ ബുദ്ധിമുട്ടാണ് അധ്യാപകൻ ക്ലാസ്സിൽ എടുക്കുന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ പറയുന്ന കാര്യം കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരും പണ്ടൊരു അധ്യാപകൻ ഇങ്ങനൊരു അബദ്ധം പറ്റി അദ്ദേഹം ബയോളജി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബയോളജിയിൽ കെമിസ്ട്രി കെമിസ്ട്രി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ആൾക്കഹോളിനെക്കുറിച്ച് സ്പിരിറ്റിനെക്കുറിച്ച് പറഞ്ഞാൽ കുട്ടികൾ വെച്ച് എന്താ സാർ സ്പിരിറ്റ് എന്ന് ആൾക്കാർ കഴിക്കുന്നതാണോ സ്പിരിറ്റ് എന്ന് പ്രത്യേകിതിന് കുട്ടികൾക്ക് സ്പിരിറ്റിൻ്റെ ദോഷവും മറ്റുമൊക്കെ കാണിച്ചു കൊടുക്കണമെന്നൊരു മോഹം നീ പി ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ലേശം ശരിക്കില്ല സ്പിരിറ്റ് കൊണ്ടുവന്നു ആദ്യം ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു എന്നിട്ടൊരു കുട്ടിയോട് പറഞ്ഞു സ്റ്റാഫ് റൂമിൽ പോയിട്ട് രണ്ട് ഗ്ലാസ് എടുത്തുകൊണ്ടുവരാം സ്റ്റാഫ് റൂമിൽ പോയി രണ്ട് ഗ്ലാസ് കൊടുത്തുകൊണ്ടുപോകും എന്ത് ഗ്ലാസാണ് വേണ്ടത് സാർ കുപ്പി കുപ്പിയുടെ ഗ്ലാസ് എടുത്തുകൊണ്ടിരും അവൻ എടുത്തുകൊണ്ടുപോകും വേറൊരു കുട്ടിയോട് പറഞ്ഞു താൻ ഒത്തിരി പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുവരാം അവൻ വെള്ളം എടുത്തുകൊണ്ടുപോകും വേറൊരു കുട്ടിയോട് പറഞ്ഞു താൻ വയലിൽ പോയിട്ട് രണ്ട് ഞാഞ്ഞുള്ളിൽ പിടിച്ചുകൊണ്ടുപോകാൻ അവൻ ഞാഞ്ഞുള്ളിൽ പിടിച്ചുകൊണ്ടുപോകും അധ്യാപകൻ ഒരു ഗ്ലാസിലേക്ക് സ്പിരിറ്റും ഒരു ഗ്ലാസിലേക്ക് വെള്ളമൊഴിച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു കണ്ടല്ലേ എൻ്റെ റൈറ്റ് ഹാൻഡിലിരിക്കുന്നത് സ്പിരിറ്റാണ് ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്നത് വെള്ളമാണ് രണ്ട് ഞാനോളിനെയും പിടിച്ചുകൊണ്ട് അദ്ദേഹം വെള്ളമൊഴിച്ചിരിക്കുന്ന ഗ്ലാസിലേക്ക് ഒരു ഞാനോളിലിടണം സ്പിരിറ്റ് ഒഴിച്ച ഗ്ലാസിലേക്ക് മറ്റൊരു ഞാനുള്ളിലിടണം ആ വെള്ളമൊഴിച്ച ഗ്ലാസിലേക്ക് വീണ ഞാനുള്ള സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം എന്നാൽ മദ്യ ഒഴിച്ച ഗ്ലാസിലേക്ക് വീണ ആ ഞാനോള് അതിങ്ങനെ തോലെല്ലാം വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് അങ്ങോട്ട് വെന്തുരുകുന്നത് പോലെ പാവം അതിൻ്റെ സ്കിന്നെല്ലാം ഡിസോർഡറായി ആകെ പാവം ചിഹ്നിച്ച് ചിഹ്നിച്ച് തറയെന്ന് പറയില്ലേ അതുപോലെ എത്തി കുട്ടികൾക്കൊക്കെ വളരെ വിഷമായി കഷ്ടം ഓഹ് ആ പ്രാണൻ പടഞ്ഞ് പടഞ്ഞ് മരിക്കുന്നത് അവർ കാണുകയാണ് ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികളോട് അധ്യാപകൻ നിങ്ങൾക്ക് സ്പിരിറ്റിന്റെ ദോഷം മനസ്സിലാവുണ്ടല്ലോ ഈ സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ വെയിനുകളും അതുപോലെ തന്നെ നമ്മുടെ ലങ്സുകളൊക്കെ ഇതുപോലെ ആ മദ്യത്തിൻ്റെ ശക്തി കൊണ്ട് ചിഹ്നം പിന്നും വേർതിരിഞ്ഞു പിന്നെ നമുക്ക് കപ്പാസിറ്റി ഉണ്ടാവില്ലേ ജീവിക്കാൻ എന്നാൽ വെള്ളം കുടിക്കുന്നവർക്ക് പ്രശ്നമല്ല ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് രണ്ടിൻ്റെയും ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ആ സമയത്ത് അവസാന എന്തിലിരിക്കുന്ന കുട്ടിയോട് അധ്യാപകൻ ചോദിക്കുകയാണ് എന്താണ് സ്പിരിറ്റിൻ്റെ ദോഷം എന്താ സ്പിരിറ്റിൻ്റെ ഗുണമെന്ന് ഉടനെ കുട്ടി ചാടി പറയുന്നത് സാർ സാർ സ്പിരിറ്റ് കഴിച്ചു ഉള്ളിലുള്ള കൃവികളൊക്കെ ഇതുപോലെ ചത്തുപോകുന്നു മനസ്സിലായില്ലേ അവൻ ആ സ്പിരിറ്റിനെ മനസ്സിലാക്കിയ രീതിയിലാണ് അപ്പോ ഇതുപോലെയാണ് നമ്മൾ ഭാഗവതം മനസ്സിലാക്കുന്നതെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല അവർ അപ്പോ എന്തിനാണ് നമ്മൾ ഭാഗവതം മനസ്സിലാക്കുന്നത് കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഉത്സാഹം സന്തോഷം ഇതൊക്കെ കണ്ടെത്തണം അതാർക്ക് തരാൻ പറ്റും അത് ഭക്തിയിലൂടെ പ്രേമത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം അതിനുവേണ്ടിയിട്ട് ഭാഗവതം കേൾക്കണം അപ്പോ ഇനിയുള്ള കഥയിലേക്ക് നമ്മൾ വരുമ്പോൾ രുക്മിണി എന്ന ശബ്ദത്തിന് മറ്റൊരു അർത്ഥം നമുക്ക് എടുക്കാം എന്താണത് രുമിണീദേവി ഭഗവാന്റെ കൂടെ കഴിയുന്ന കാലം ഞാൻ പറഞ്ഞു മകനെ വേണമെന്ന് പറഞ്ഞപ്പോൾ തപസ്സനുഷ്ഠിക്കാൻ വരും പറയും ഭഗവാൻ അങ്ങനെ ശിവനെ ഭജിച്ച് അങ്ങനെ ഭഗവാനിൽ നിന്നും ബീജം സ്വീകരിച്ച് ആ ബീജം വളർന്ന് ഒരു കുട്ടിയായി രുക്മിണീദേവി പ്രസവിക്കും ആ കുട്ടിക്ക് പ്രദ്യുപ്നൻ എന്ന് പേരിടും അതിനിടയ്ക്ക് എന്തുണ്ടായി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു അസുരനായിരുന്നു ശമ്പരാസുരൻ ശമ്പരാസുരൻ കഠിനമായി തപസ്സ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷീകരിച്ച് ബ്രഹ്മാവിൽ നിന്നൊരു വരം വാങ്ങി എന്താ വരം എന്നെ കാമദേവൻ ഒഴികെ ആരും കൊല്ലരുത് അതെന്താ അങ്ങനെ ഒരു വരം വാങ്ങിച്ചത് കാരണം അന്ന് ശിവൻ തൃക്കണ്ണ് കാമദേവനെ ഭസ്മീകരിച്ചിരുന്നു അതുകൊണ്ട് പിന്നെ കാമദേവൻ ഇല്ല അപ്പൊ കാമദേവൻ ഇല്ലെങ്കിൽ ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല എന്നാണ് പ്രതിയുംഗ്ലൻ കരുതിയത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വരം ചോദിച്ചു ബ്രഹ്മ അവ പറഞ്ഞു ആവട്ടെ അങ്ങനെ തന്നെ നിനക്ക് വരാം അങ്ങനെ വരമൊക്കെ കിട്ടി ശമ്പരാസുരൻ അഹങ്കാരത്തോടും ദാഷ്ട്യത്തോടുകൂടി രാജ്യഭരണം നടത്തുന്നു ധിക്കാരത്തോടുകൂടി പ്രജകളെയൊക്കെ തന്നെ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഭരിക്കണോ അതിൻ്റെ ഇടയ്ക്കാണ് നാരദമഹർഷിയിൽ നിറഞ്ഞത് ഭഗവാന്റെ പുത്രനായിട്ട് ജനിച്ച പ്രദ്യുപ്നൻ കാമദേവന്റെ പുനർജന്മമാണെന്ന് പിന്നെ മനസ്സുറപ്പുണ്ടാവോ ഇരിപ്പുറപ്പുണ്ടാവോ എത്രയും വേഗം കുട്ടിയെ കൊല്ലണമെന്ന് തോന്നി സൂക്ഷ്മ രൂപമെടുത്ത് ഭഗവാന്റെ ദ്വാരകയുള്ള കൊട്ടാരത്തിലെത്തി രാത്രിക്ക് രാത്രി രുക്മിണി ദേവി കിടക്കുന്ന കട്ടിൽ നിന്ന് ആ കുട്ടിയെ നോക്കി തേജോമയമായിരിക്കുന്ന കുട്ടി കൃഷ്ണൻ തന്നെ വളരെ മനോഹരനാണ് ആ ഭഗവാന്റെ പുത്രൻ എങ്ങനെയായിരിക്കും വളരെ ആകർഷണമുള്ള ആ കുട്ടിയുടെ കോമളത്തോ മോമനത്തോ നിറഞ്ഞ മുഖം നോക്കിയപ്പോ കുട്ടിയെ കൊല്ലാൻ തോന്നിയില്ല എന്നാലും കൊല്ലണമല്ലോ തന്റെ ശത്രു അല്ലേ എടുത്തു മനസ്സുകൊണ്ടിങ്ങനെ ആലോചിച്ച് എവിടെ കൊണ്ടിട്ടാൽ അവനെ കൊല്ലാൻ പറ്റുകയാണ് ഭൂമിയിലേക്കാണ് വലിച്ചേറുന്നെങ്കിൽ കൃഷ്ണൻ രക്ഷപ്പെടുത്തും എന്നാൽ ഒരു കാര്യം ചെയ്യുക വെള്ളത്തിലേക്ക് ഇട്ട് കൊല്ലാന്ന് വിചാരിച്ചു അങ്ങനെ കടൽ വെള്ളത്തിലേക്ക് വലിച്ചെറങ്ങും ആ കുട്ടിയുടെ ഒരു നിയോഗം നോക്കണം വലിയൊരു മത്സ്യം ആ കുട്ടിയെ പിടിച്ചു ഒഴുങ്ങി അന്ന് തന്നെ ഒരു മുക്കുവൻ ഒരു മത്സ്യം പിടിക്കുന്നവൻ ആ മത്സ്യത്തെ പിടിക്കുന്നു പണ്ടത്തെ സമ്പ്രദായം എന്ന് വെച്ചാൽ വലുത് കിട്ടിയ വലിയവർക്ക് എന്നാണല്ലോ രാജാവിനൊക്കെയാണ് കാഴ്ച വയ്ക്കേണ്ടത് അന്ന് അങ്ങനെയായിരുന്നു കാലം അപ്പൊ ഈ വലിയ മത്സ്യത്തെടുത്ത് രാജാവിന് കൊണ്ടുപോയി കാഴ്ച വെച്ചു രാജാവിന്റെ അടുക്കളയിൽ അന്നൊരു പുതിയൊരു അപ്പോയിൻമെന്റ് ഒരു കുട്ടി വന്നിരുന്നു അവളുടെ പേരായിരുന്നു രതിന് മായാവതി സോറി രതി അല്ല മായാവതി രാജാവ് അവളെ വിളിച്ചിട്ട് വരുന്നു അതേ വലിയൊരു മത്സ്യം വന്നിരിക്കുന്നു വേണ്ടതുപോലെയൊക്കെ പാകം ചെയ്തോളും അവൾ അതിനെ മുറിച്ചപ്പോ അതിൽ നിന്ന് കോമളനായൊരു ഉണ്ണി പുറത്തു അങ്ങനെ ആദ്യത്തെ സിസേറി നോക്കൂ വ്യാസരതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സ്ത്രീയല്ല ഓപ്പറേഷൻ ചെയ്ത് അയ്യായിരം വർഷങ്ങൾക്ക് മത്സ്യത്തെ ഓപ്പറേറ്റ് ചെയ്തൊരു കുട്ടിയെടുക്കാമെന്ന് കണ്ടെത്തിയാളാണ് വ്യാസ ഭഗവാൻ ഇന്നിപ്പോൾ സ്ത്രീകളെ കയറുന്നു അത്രേ വ്യത്യാസമുള്ളൂ അങ്ങനെ ആ കുട്ടിയെടുക്കുന്നു ആ കുട്ടിയെ താലോലിച്ച് വളർത്തുന്നു നാരദമാഹർഷിയിൽ നിന്നറിഞ്ഞു താൻ വളർത്തുന്ന കുട്ടി കാമദേവൻ്റെ പുനർജന്മമാണെന്ന് അങ്ങനെ കുട്ടിയെ മോനെയും കുട്ടാന്നൊക്കെ വിളിച്ച് വളർന്ന് വളർന്ന് വളർന്ന് ഒരു ദിവസം ഏട്ടാന്നൊക്കെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഇവൾ ചോദിച്ചു ഇവൻ ചോദിച്ചു നിങ്ങൾ ഇത്രയും കാലം എന്നെ ഒരു മകൻ്റെ ഭാവത്തിൽ കണ്ട് ഇപ്പോഴെന്താ എന്നെ ഒരു വേറെ ഭാവത്തിലൊക്കെ കാണണമെന്ന് അപ്പോൾ അവൾ സത്യം പറഞ്ഞു വാസ്തവത്തിൽ നീ എൻ്റെ പുത്രനല്ല നീ എനിക്ക് ഭർത്താവാണ് കാമദേവനാണെന്നുള്ള പരമാർത്ഥം പറഞ്ഞു കൊടുത്തു ഞങ്ങൾക്കത് ബോധ്യ നിന്റെ ശത്രു ശമ്പരാസുരനാണെന്നും പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ ശമ്പരാസുരനെ വധിക്കാനുള്ള മായാവിദ്യ അങ്ങനെ മായാവതി പറഞ്ഞു കൊടുത്തു ഈ മായാവതി എന്ന് പറഞ്ഞാൽ യു മായാവതി അല്ല ആ മായാവതി വേറെ പറഞ്ഞു കൊടുത്തു അപ്രകാരം ശമ്പരാസുരനെ വധിച്ച് ഇവർ അപ്പോഴും വർഷം പത്ത് പതിനാറ് വയസ്സ് വർഷം കഴിഞ്ഞു ഇവിടെയാണെങ്കിലും രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല രുമിണീദേവി കരഞ്ഞുകൊണ്ട് എല്ലാവരോടും ചോദിച്ചു ദേവകി ദേവിയോട് ചോദിച്ചു അമ്മ എടുത്തിട്ടുണ്ടോ കുട്ടിയെ അമ്മ പറഞ്ഞു ഞാനെടുത്തിട്ടില്ലല്ലോ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഓരോരുത്തരോടും പോയി ചോദിച്ചു നോക്കി നിങ്ങളാരെങ്കിലും എടുത്തിട്ടുണ്ടോ അവരൊന്നും പറഞ്ഞു ഞങ്ങളെടുത്തിട്ടില്ലെന്ന് അങ്ങനെ അവസാനം ഭഗവാനോട് ചോദിച്ചു അവിടുന്ന് എടുത്തിട്ടുണ്ടോ ഭഗവാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ലേ കുട്ടികളെടുക്കുന്നത് അങ്ങനെ പാവൻ രുക്മിണീദേവി വീട്ടിലും അവിടെയൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന് അങ്ങനെ രുക്മിണീദേവിക്ക് മനസ്സിലായി കുട്ടി നഷ്ടപ്പെട്ടു കരഞ്ഞുകൊണ്ട് കുറെ ദിവസങ്ങളെ കഴിഞ്ഞു പ്രാർത്ഥനയിലും അങ്ങനെയൊക്കെ കാലം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ഗേറ്റ് തുറന്ന് ഒരു ചെറുപ്പക്കാരും ചെറുപ്പക്കാരി മുന്നോട്ട് വരുന്നത് അപ്പൊ ആ മുഖം കണ്ടപ്പോ കണ്ണിങ്ങനെ കടിക്കാൻ തുടങ്ങി ഇടത്തെ കണ്ണ് തുടിക്കാൻ തുടങ്ങി രണ്ടാമത്തെ വട്ടായി ഈ കണ്ണ് തുടിക്കില്ല നല്ല ലക്ഷണമായിട്ട് തോന്നി കണ്ടപ്പോ ഭഗവാന്റെ മുഖലക്ഷണം നല്ലവണ്ണം ഉണ്ട് ആ കുട്ടിക്ക് കണ്ണിങ്ങനെ കടിക്കുകയും ചെയ്യണു മനസ്സിങ്ങനെ ചോദിക്കുകയാണ് ഇതെന്റെ കുട്ടിയാവോ എന്റെ നഷ്ടപ്പെട്ട കുട്ടിയാവോ ഒരു ഇത് ഇതുപോലൊരു കുട്ടി എനിക്കുണ്ടായിരുന്നല്ലോ അത് തന്നെയാവോ പിന്നെ അങ്ങനെ മനസ്സ് പറയുന്നത് എന്റെ കുട്ടിയാണെങ്കിൽ ഇതിന് മുമ്പ് വരേണ്ടതല്ലേ ഇനി പറയാൻ പറ്റില്ലേ ഭഗവാൻ കൃഷ്ണൻ പല ദിക്കലും പോകുന്ന ആളാണ് അതേവരെ ഒക്കെ മക്കളുണ്ടോ എന്നുള്ളത് ഏതായാലും ഇവിടെ ഓടിച്ചെന്ന് ദേവകീ ദേവിയോടും വസുദേവരോടൊക്കെ പറഞ്ഞു അവരും വരണു ഭഗവാനോടും പറഞ്ഞു ഭഗവാൻ അറിയാലോ ആരാ വരാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും കൂടി വന്നപ്പോ രണ്ടുപേരും കയറി വന്നപ്പോ നാരദമഹർഷി അവിടെ എത്തിച്ചേർന്നു നാരദമഹർഷി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സന്തോഷമായിട്ട് മക്കളെയൊക്കെ സ്വീകരിച്ച് അകത്ത് കയറ്റി അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ സന്തോഷമായി എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കല്യാണം അന്വേഷിക്കാൻ നടക്കണ്ടല്ലോ അവൻ തന്നെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പകുതി മണി കഴിഞ്ഞ് കിട്ടി അങ്ങനെയൊക്കെ സന്തോഷത്തിന്റെ ദിനങ്ങൾ വീണ്ടും ആരംഭിച്ചുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെട്ട മകൻ പ്രദ്യുപ്നൻ തിരിച്ചെത്തിയ ഉപാഖ്യാനമാണ് പ്രദ്യുന്മോൽ പത്തി നിരൂപണം അങ്ങനെ ഈ ഉപാഖ്യാനം വായിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് കുറെ അത്ഭുതങ്ങളാ തോന്നുക ഒരു കുട്ടിയെ കടലിലേക്ക് വലിച്ചെറിയണോ ആ കുട്ടിയെ മത്സ്യം പിടിച്ച് എന്നിട്ട് ആ കുട്ടി ജീവിക്കണോ പറഞ്ഞാൽ അവിശ്വസനീയമാണ് സാധാരണക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാൽ മാത്രമല്ല മത്സ്യത്തെ കീറി കുട്ടി പുറത്തു വന്നു പറഞ്ഞാൽ അത്ര കെയർഫുള്ളായിട്ട് ഒരാൾ മത്സ്യത്തെ മുറിക്കെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഏത് വിധത്തിലും ആ കുട്ടി മരിച്ചു കൂടായിരുന്നില്ലേ ഈ കഥ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നില്ല എങ്കിൽ ഇതൊരു അബദ്ധ കഥയായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിൽക്കും അപ്പോൾ ഈ കഥയുടെ പിന്നിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ നമുക്ക് കാണാൻ സാധിക്കുക കൃഷ്ണൻ രുക്മിണി പ്രദ്യുന്മൻ ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളാണ് നാല് കഥാപാത്രങ്ങൾ അഞ്ച് കഥാപാത്രങ്ങളാണുള്ളത് കൃഷ്ണൻ രുക്മിണി ദേവി പ്രദ്യുന്മൻ അത് കഴിഞ്ഞിട്ട് പ്രദ്യുനന്റെ ഭാര്യയായിട്ട് രതീദേവി അത് കഴിഞ്ഞിട്ട് ശമ്പരാസുരൻ ഇങ്ങനെയാണ് ാരദവാഴ്ച വേണമെങ്കിൽ ഒരാളെയും കൂടി കൂട്ടാം അപ്പോ ഈ കഥാപാത്രങ്ങളൊക്കെ ഏതൊരു തത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പോൾ നമുക്ക് കാണാം നാം രാവിലെ എണീക്കുന്ന സമയത്ത് ആദ്യം ഉണരുന്നത് എന്തായിരിക്കണം നമ്മളിൽ മനസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വാസ്തവത്തിൽ മനസ്സല്ല ഉണരുന്നത് നമ്മളിൽ ഓരോരുത്തരിലും ആദ്യം ഉണരുന്നത് ഞാനെന്ന ഭാവമാണ് ഈഗോ ആണ് എന്ന് പറയണം അഹങ്കാരമാണ് ഞാനെന്ന ഭാവത്തെയാണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു പുരുഷനാണ് ഞാനൊരു അമ്മയാണ് ഞാനൊരച്ഛനാണ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു ഭാവം അങ്ങോട്ട് ഉണരാൻ തുടങ്ങും എന്നിട്ടാണ് മനസ്സ് ഉണരുക ഉടനെ മനസ്സ് ചോദിക്കും ഡേ ഞാനൊരു അമ്മയല്ലേ എനിക്ക് ചായ കൊടുക്കേണ്ട ജോലിയില്ലേ എനിക്ക് പലഹാരം കൊടുക്കേണ്ട ജോലിയില്ലേ വിളക്ക് കത്തിക്കേണ്ട ജോലിയില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സ് ഓർമ്മിപ്പിക്കും ഉള്ള മനസ്സ് ചോദിക്കും സമയം എത്രയായിരുന്നു അപ്പൊ നമ്മൾ സമയം നോക്കും ഇങ്ങനെ നമ്മുടെ ഉള്ളിലാദ്യം ഉണരുന്നത് ഞാനെന്ന ഭാവവും അതിൽ നിന്നുണരുന്നത് മനസ്സുമാണ് പ്രദ്യുനൻ എന്നാൽ മനസ്സ് നടത്തണം പ്രകർഷേണ ദുമനം ചെയ്തവനാരോ അവൻ പ്രത്യുനൻ എന്ന് വെച്ചാൽ പ്രകർഷേണ ഉണർന്നവനാരോ അവൻ പ്രത്യുനൻ എവിടെ നിന്നാണ് ഉണർന്നത് രുക്മിണീ ദേവിയിൽ നിന്നാണ് ഉണർന്നത് അപ്പൊ ഇവിടെ രുക്മിണീ ദേവി അഹംഭാവം അഹങ്കാരം എന്ന ആ സൂക്ഷ്മതത്വത്തെ ഗ്രഹിക്കണം എവിടെ നിന്നാണ് രുക്മിണീദേവിക്ക് പ്രദ്യുനൻ ഉണ്ടായത് ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് അപ്പൊ രുക്മിണീദേവി ഇരിക്കുന്നത് കൃഷ്ണനിലാണ് പ്രദ്യുനിരിക്കുന്നത് രുക്മിണീദേവിയിലാണ് അപ്പൊ ഭഗവാൻ കൃഷ്ണൻ എന്ന ചൈതന്യത്തിൽ നിന്നും ആദ്യം ഈഗോ ഉണരുന്നു പിന്നെ മനസ്സുണരുന്നു പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നു അംഗങ്ങളെ കൊണ്ട് അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഇതൊന്നും കേട്ടുപോയാലൊന്നും തലയിൽ കയറില്ല നിങ്ങളങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇതങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ തലയിൽ ഇതൊന്നും കയറുന്നുള്ളത് അതൊന്നും എളുപ്പത്തിലൊന്നും ഇത് സംഗതി കയറില്ല നമ്മൾ വീണ്ടും ശങ്കരൻ തെങ്ങലാണെന്ന് പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും പഴയ തലങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇരുന്ന് എഴുതി പഠിക്കുക വേണം അപ്പോഴേ ഇതൊക്കെ ഉള്ളിലേക്ക് കയറണം മെനക്കെടാതെയൊന്നും ആധ്യാത്മീയമായി ഒരേ ഒരാൾക്കും ഇന്നേ വരെ പുരോഗതി പ്രാപിക്കാൻ സാധിച്ചില്ല വെറുതെ ഇരുന്ന നാമം ചൊല്ലി സമയം കളയാന്ന് മാത്രം ആത്മീയമായി ഇത്തിരിയെങ്കിലും പുരോഗതി പ്രാപിക്കണമെങ്കിൽ നല്ല വണ്ണം അധ്വാനിക്കണം അതിന് വേണ്ടിയിട്ട് മനസ്സിലായില്ലേ നമ്മുടെ ഓരോ പൂർവികന്മാരും വെറുതെ ഇരുന്നിട്ടൊന്നും ആധ്യാത്മീയമായി ഡെവലപ്പ് ചെയ്തിട്ടില്ല അവരൊക്കെ കഠിനമായ തപസ്സുകളിലൂടെയും വ്രതങ്ങളിലൂടെയും ഇതുപോലുള്ള പഠനങ്ങളിലൂടെയൊക്കെയാണ് ഈ കൈവരി പറഞ്ഞതൊക്കെ കൈവരിച്ചിരിക്കുന്നത് അത് നമുക്ക് മെതക്കണം അതിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ ഈസിയാണ് പക്ഷേ കൈവരിക്കാൻ നമ്മൾ അധ്വാനിച്ച് പറ്റുള്ളൂ പറയാണ് അതിനുവേണ്ടിയിട്ട് നമ്മളതിനെയൊക്കെ ഉൾക്കൊള്ളണം ആദ്യം ഇങ്ങനെയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് അതല്ലെങ്കിൽ നമ്മൾ കേട്ട് ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഉള്ളിലേക്ക് കയറില്ല സ്പർശിക്കില്ല ഉള്ളൽ കാരണം നമ്മൾ ഇത്രയും കാലം കഥകൾ കേട്ട് പഠിച്ചവരാണ് ആ കഥകളിലെയും മനസ്സ് നിൽക്കുള്ളൂ അപ്പം വീണ്ടും നമ്മൾ കൃഷ്ണൻ രക്ഷിക്കും ഗുരുവാരപ്പൻ അവിടുണ്ട് ഞാനിവിടുണ്ട് എന്ന് പറഞ്ഞു തന്നെ മനസ്സ് പഠിക്കുള്ളൂ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ ഗുരുവായാരപ്പൻ കൂടെയുണ്ട് എന്ന് ഒരിക്കലും തോന്നില്ല അതുകൊണ്ടാണ് ഭഗവാൻ വളരെ സങ്കടത്തോടുകൂടിയിട്ട് അച്ഛനോട് പറയും ഇന്ന് നമ്മൾ ആ ഭാഗം കാണും അർജുനോട് അതിലും സങ്കടത്തോടുകൂടി പറയും അവജാനന്തിമാ മൂടാ മാനുഷ്യൻ തനുമാശ്രിതം പരംഭാവമജാനന്ദ മമഭൂതമഹീശ്വരം മൂടന്മാര് അവർക്കെന്നെ അങ്ങനെയൊന്നും മനസ്സിലാവില്ല അർജുന അവരെങ്ങനെ മനസ്സിലാക്കും ഒരു വിഗ്രഹത്തിന്റെ രൂപത്തിൽ കണ്ട് അവരെന്നെ പൂജിക്കുന്നതാണ് അതിലപ്പുറം അവരെന്നെ കാണില്ലാതാണ് മാനുഷ്യൻ തനുമാശ്രിതം മനുഷ്യന്റെ രൂപമുള്ള ഒരു വിഗ്രഹമായി അവരെ കണ്ടെന്നെ പൂജിക്കും അങ്ങനെയുള്ളവരെ ഭഗവാൻ കൃഷ്ണൻ വിളിച്ചത് ഭക്തനെന്നൊന്നല്ല വിളിച്ചത് മൂഢൻ തന്നെയാണ് വി വിളിച്ചത് ഭഗത്ഗീതയിൽ ഒ അധ എടുത്ത് ശ്രദ്ധി വായിച്ചുനോക്കൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിൽ വെച്ച് അർജുനന് പറഞ്ഞു കൊടുത്ത ആ ഭഗവത്ഗീതയിലൊരു മന്ത്രമാണ് ഈ പറയുന്നത് അവജാനന്തിമാ മൂടാഹ മൂടന്മാര് എന്നെ അങ്ങനെയൊന്നും മനസ്സിലാക്കില്ല അവരെങ്ങനെ മനസ്സിലാക്കും മാനുഷ്യം തനുമാശ്രിതം ഒരു വിഗ്രഹത്തിന്റെ രൂപത്തിൽ എന്നിട്ടോ പരംഭാവമജാനന്ത ഞാൻ കൂടെയുണ്ടെന്ന പരമഭാവത്തെ അവർ മനസ്സിലാക്കില്ല ഞാൻ എല്ലാവരുടെയും കൂടെയുണ്ട് ഹൃദയത്തിലുണ്ടെന്ന് അവർ മനസ്സിലാക്കില്ല അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇത്തിരി നമ്മൾ ഭാഗ്യം ചെയ്യണം ഇത്തിരി നമ്മൾ പുണ്യം ചെയ്യണം അതിനുവേണ്ടി മെനക്കെടണം അതുകൊണ്ടാണ് ഭാഗവതത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവലപതേ ഈ കാര്യങ്ങളൊക്കെ സത്സംഗത്തിലൂടെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പരമഭാഗ്യമാണ് മനസ്സിലായില്ലേ അമ്പലത്തിൽ പോയി തൊഴുത് ഒരു പുഷ്പാഞ്ജലി വഴി വഴിപാടൊക്കെ അത്ര ബുദ്ധിയൊന്നും വേണ്ട അത്ര ഭാഗ്യമൊന്നും വേണ്ടതിന് അതിന് വേണം ചെറിയൊരു ഭാഗ്യം വേണ്ടാന്നല്ല പക്ഷെ അതിനും ഭാഗ്യം വേണ്ടത്ര ഇതൊക്കെ മനസ്സിലാക്കാൻ സത്സംഗത്തിന് പോവണം തോന്നാൻ അതിനും ഭാഗ്യം വേണം ആ സത്സംഗത്തിന് പോയാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ അതിലും ഭാഗ്യം വേണം അങ്ങനെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു അജ്ഞാനഹേതു കൃതമോഹമതാന്തകാര ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങൾക്കും അസ്വസ്ഥതകൾക്കും കാരണമായിരിക്കുന്ന ദുഃഖങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് അതൊക്കെ ഉണ്ടല്ലോ വലിയ വലിയ നല്ല നല്ല നല്ലവണ്ണം മെനക്കെടണം എന്നവരെയാണ് നമ്മുടെ ഈ ഈഗോ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും നമ്മളെ വെറുതെ വിടില്ല എന്ന് പറയുന്നത് അതിങ്ങനെ നമ്മളെ എല്ലാ തരത്തിലും ഇട്ട് കളയും വളരെ വിഷമിപ്പിച്ച് കളയുന്നവരെയാണ് അതുകൊണ്ട് ഈഗോയെയും മനസ്സിനെയൊക്കെ നമ്മൾ അഹങ്കാരത്തെയും അഹംഭാവത്തെയും മനസ്സിനെയൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കണമെങ്കിൽ കുറേ അതിനൊക്കെ വേണ്ടി മെനക്കെടണം നമ്മൾ ശരിക്കും കുറേയൊക്കെ വീട്ടിലിരുന്നിട്ടിങ്ങനെ ചിന്തനം ചെയ്യണം എഴുതി എഴുതി പഠിക്കണം ആരാണ് ഈ കൃഷ്ണൻ ആരാണ് ഈ മൂന്നാമത്തെ സ്കന്ധം കാവിലേയോ വാഖ്യാനം ശ്രദ്ധിച്ചു വായിച്ചാൽ ആരാണ് കൃഷ്ണൻ ആരാണ് പ്രദ്യുപ്നൻ ആരാണ് അനിരുദ്ധൻ ആരാണ് സംഘർഷണൻ എന്നതിനൊക്കെ കപില വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് അവിടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തി അവിടെ ഓരോ വാക്കുകൾക്കും സംഘർഷൻ എന്ന് പറയുന്നത് ആരാണ് ബലരാമസ്വാമിയുടെ പേരാണല്ലോ സംഘർഷൻ എന്ന് അതിന്റെ ശാസ്ത്രീയമായ വ്യാഖ്യാനം എന്താണ് എന്നതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിൻ്റെ ബലത്തിൽ വേണം ഭാഗവതത്തിന്റെ ദശമ സ്കന്ധത്തിന്റെ കഥകളിലൂടെ പോവാൻ അപ്പോൾ പ്രദ്യുപ്നൊക്കെ പറഞ്ഞാൽ കൃഷ്ണൻ പതിനാറായിരത്ത് കല്യാണം കഴിച്ചു എന്നും അതൊക്കെ വെറും സ്ഥൂല കഥകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കഥകളല്ല പ്രധാനം കഥകളൊക്കെ കഥകളുടെ ഉള്ളിലുള്ള സൂക്ഷ്മതത്വങ്ങളെ കാണിച്ചു വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് നോക്കൂ ഇത്രയൊക്കെ കഥകൾ ഭംഗിയിൽ അവതരിപ്പിച്ച് നടന്നതുപോലെ എഴുതിവെച്ചിട്ട് അവസാനം പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോ ശ്രീശുഖബ്രഹ്മക്ഷി പറയുന്നത് എന്താണ് കഥായുമാംസ്ഥേ കഥിതാ ഹിരാജൻ വിതായ ലോകേഷു യശപ്പരേഷാം വിജ്ഞാന വൈരാഗ്യയാ വിപക്ഷയോ വിഭോ വജോ വിഭൂതി എന്നതു ഈ കഥകളൊക്കെ രാജൻ അങ്ങേക്ക് പറഞ്ഞു തന്നില്ലേ ആരെക്കുറിച്ചുള്ള കഥകൾ ഇവിടെ ജീവിച്ചിരുന്നവരുടെ കഥകളും ഇവിടുന്ന് പോയവരുടെയൊക്കെ കഥകൾ പറഞ്ഞു തന്നില്ലേ ഇതൊക്കെ വിജ്ഞാന വൈരാഗ്യം എപ്പോഴും അങ്ങയിൽ ഭഗവാൻ കൂടെയുണ്ടെന്ന വിജ്ഞാനം എപ്പോഴും ഉണർവോടും ഉത്സാഹത്തോടുകൂടി ജീവിക്കലെങ്കിൽ ഭഗവാൻ ഭക്തിയിലൂടെ സാധിക്കുള്ളൂ എന്ന വൈരാഗ്യം ഇതൊക്കെ കണ്ടെത്തി അങ്ങയുടെ ജീവിതം ധന്യമാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലാതെ അന്തമായി വിശ്വസിക്കരുത് ദൂരെ ഇരുന്നുകൊണ്ട് ഒരു കൃഷ്ണൻ ഗുരുവായമ്പലത്തിലിരുന്നു കൊണ്ട് ഒരു കൃഷ്ണൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നുള്ളത് അതൊക്കെ വിഡ്ഢിത്തമാണ് അതൊക്കെ അങ്ങേയറ്റം അബദ്ധങ്ങളാണ് കഥകളൊക്കെ ആളുകൾ പറയും ആ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ കഥകൾ അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് കിടക്കരുത് പലരും പറയും ഹോ ഗുരുവായൂരപ്പൻ എന്നെ വന്ന് രക്ഷിച്ചു ഗുരുവായപ്പൻ അങ്ങനെ വന്ന് രക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിന് യോഗ്യരാവുന്നത് കൊണ്ട് ഭഗവാൻ നമുക്ക് കാണിച്ചു ചില അനുഭവങ്ങളാണ് പ്രിയാണ് യോഗ്യതയില്ലാത്തവന് ഭഗവാൻ ഒന്നും കാണിച്ചു കൊടുക്കില്ല എല്ലാവരും യോഗ്യരാണ് പഠിക്കുന്ന കുട്ടിയെ അധ്യാപകൻ സഹായിക്കുന്നത് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു കുട്ടിക്ക് മകന് അച്ഛൻ വേണ്ടത് കൊടുക്കുന്നത് പോലെ അമ്മ കൊടുക്കുന്നത് ഭഗവാനും ഭഗവാനെ പ്രേമിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടതെല്ലാം ഭഗവാൻ ഒരുക്കി കൊടുക്കുന്നു അത് എന്തുകൊണ്ടാണത് നമ്മളതിന് അർഹരായതുകൊണ്ടാണ് യോഗ്യരായതുകൊണ്ടാണ് അപ്പൊ ആ യോഗ്യത നമ്മൾ തീവ്രമായി നിലനിർത്തുമ്പോൾ മാത്രമേ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം നമ്മളതിന് യോഗ്യത നേടാത്തടത്തോളം കാലം ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കരുത് അപ്പൊ ആരാണ് പ്രധാനമായിട്ടുള്ള കർത്തവ്യം നിറവേറ്റേണ്ടത് നമ്മളോരോരുത്തരുമാണ് ഞാൻ യോഗ്യനായിക്കൊണ്ടേ ഇരിക്കണം ഞാൻ അതിന് അർഹതയുള്ളവനായിക്കൊണ്ടേയിരിക്കണം അപ്പൊ വേണ്ടതൊക്കെ ഭഗവാൻ വേണ്ട സമയത്ത് തോന്നിപ്പിക്കും ചെയ്യിപ്പിക്കും അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരിക്കൽ കുഞ്ഞുണ്ണി മാഷോട് ചോദിക്കേണ്ടായി ഒരാൾ ബോംബെയിൽ നിന്ന് വന്ന് കുഞ്ഞുണ്ണി മാഷോട് ചോദിക്കുകയാണ് അല്ല മാഷേ എനിക്കൊന്ന് ഗുരുവായൂരിൽ ഈ തൃശൂരിന് എത്ര ദൂരമുണ്ട് ഗുരുവായൂരമ്പലെന്ന് ഉടനെ കുഞ്ഞുണ്ണി മാഷ് പറയാണ് നല്ലൊരു മറുപടി കൊടുത്തത് എന്താണ് പറയണോ നിന്നിൽ നിന്ന് നിന്നിലേക്ക് എത്ര രൂപ ദൂരമോ അത്ര കണ്ട് ഗുരുവായൂരിലേക്കുണ്ട് ഉടനെ കേട്ട ആളെയാണ് മാഷ്ക്ക് വട്ടാണെന്ന് നിന്നിൽ നിന്ന് നിന്നിലേക്ക് എത്ര ദൂരമോ അത്ര ദൂരേ ഉള്ളൂ ആദ്യം അത് മനസ്സിലാക്കണ്ടേ അതുപോലെ നിങ്ങൾ ഹരിനാമകീർത്തനത്തിൽ വായിക്കും കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദുമെന്ന് ഹരി നാരായണായൻ ആ കണ്ണനെ എവിടെ കാണണം കണ്ണിനും കണ്ണായ മനസ്സ് ആ മനസ്സിനും കണ്ണാണ് ഗുരുവായൂരപ്പനെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ ശരിയായൊരു ഉത്സാഹം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതെന്ന് ഈ കഥയിലൂടെ പറയുന്നു അതിനുവേണ്ടി നമ്മൾ മെനക്കണണം അതാണ് ഭാഗവതത്തിലും ഭഗവത്ഗീതയ്ക്കും ആവർത്തിച്ച് പറയാനുള്ളത് അഭ്യാസം അഭ്യാസം എന്നുള്ളത് ഇത് സപ്താഹത്തിൽ ചെന്നിരുന്നാൽ സംഭവിക്കുന്നൊന്നും വിചാരിക്കരുത് മിക്കവാറാളുകള് സപ്താഹം കഴിഞ്ഞ പുസ്തകം അവിടെ അടച്ചു വയ്ക്കും പിന്നെ അത് സപ്താഹം തുടങ്ങുമ്പോ ഫസ്റ്റ് ഡേ മാഹാത്മ്യ ദിവസം വരുമ്പോഴേ നീക്ക് കാണാം തൊടിതറ്റ് ഒരുപരിൽ അടച്ചു വെച്ചത് പിന്നെ തുറക്കുകയാണ് അവര് അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് അത്ഭുതം ഉണ്ടാവുന്നൊന്നും വിചാരിക്കരുത് ഒരു ഭാഗവത സപ്താഹം കേട്ടതുകൊണ്ട് നമ്മളെയൊക്കെ ഭഗവാൻ വൈകുണ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ ഒരു ഭാഗവത സപ്താഹം കേട്ടതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കൂടെ തരുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ഈ ഫാൻ ആൻഡ് ട്യൂബിനൊക്കെ ആയിരിക്കും കാരണം അവരെത്രയോ സപ്താഹങ്ങൾ കേട്ടിട്ടുണ്ടാവും കൂടുതൽ സപ്താഹം മൈക്ക് കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് അതൊന്നും സാധ്യമല്ലാത്ത കാര്യമാണ് നമ്മള് നമ്മുടെ മനസ്സിനോട് ചോദിക്കുക നീ ഉത്സാഹത്തിൽ ജീവിക്കുന്നുണ്ടോ ഭഗവത് പ്രേമത്തിൽ ജീവിക്കുന്നുണ്ടോ അങ്ങനെ ജീവിക്കാൻ എനിക്ക് ഉത്സാഹം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നതൊക്കെ സ്വയം അവലോകനം ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കി സ്വയം കണ്ടെത്താൻ സാധിച്ചാൽ ഈ ഭാഗവതം നമുക്കൊരു പരമഗുരുവായി തീരും അത് നമുക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവാനുള്ള പ്രചോദനം തരുന്ന പറയാണ് മനസ്സിലാവുണ്ടല്ലോ അതിനുശേഷം പിന്നീട് അടുത്ത വാഖ്യാനമാണ് വളരെ മനോഹരമായൊരു വാഖ്യാനം ഞാൻ ഈ കഥകൾ മുഴുവൻ പറയില്ല കാരണം സമയം നമുക്ക് വളരെ കുറവാണ് ഒന്നാമത്തെ കഥ പറ കഥ പറയുന്നത് ഭഗവാന്റെ മറ്റ് വിവാഹങ്ങളെക്കുറിച്ചാണ് അപ്പം ആദ്യം തന്നെ സമന്ത ഗോപ്യ വാഖ്യാനം എന്നൊരു കഥയിലേക്ക് കടക്കണു പണ്ട് യാദവകുലത്തിൽ സത്രാജിത്ത് എന്ന് പറയുന്ന ചെറിയ നാട്ടുരാജാവിനെ പോലൊരാളുണ്ടായിരുന്നു അയാൾ വലിയ സൂര്യോപാസകനായിരുന്നു ഗായത്രി മന്ത്രമൊക്കെ ലക്ഷക്കണക്കിന് ചൊല്ലി സൂര്യനെ പ്രീതിപ്പെടുത്തി സൂര്യൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനൊരു മണി കൊടുത്തു ഈ മണിക്ക് മൂന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു ഒന്ന് അതെവിടെ വെച്ചോ അവിടെയൊക്കെ പ്രകാശം വ്യാപിക്കും നല്ല തേജോമയമാണ് രണ്ട് അത് പ്രസവിക്കും ആ മണി എപ്പോഴും പന്ത്രണ്ട് തൂക്കം എട്ട് ഭാരം എന്ന് പറയും സ്വർണ്ണത്തെ പ്രസവിച്ചുകൊണ്ടിരിക്കും അതായത് സ്വർണം പ്രസവിക്കുന്ന മണി മൂന്നാമത്തെ പ്രത്യേകത അത് ഉള്ളടുത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെ കൂടി ഇവിടെ കൂടിയപ്പോ കിട്ടിയപ്പോ തീർച്ചയായിട്ടും നമ്മുടെ സത്രാജ്യത്തിന് അഹങ്കാരവും അഹംഭാവവും അങ്ങോട്ട് തോന്നാൻ തുടങ്ങി ഞാൻ വലിയ പണക്കാരനാണ് സമ്പന്നനാണ് ഇതൊക്കെ അങ്ങോട്ട് കൂടാൻ തുടങ്ങി നല്ലതും നമ്മുടെ കയ്യിൽ അധികം പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല അത് പത്ത് പേരെ കാണിക്കാൻ തോന്നും കുട്ടികളുടെയൊക്കെ സൈക്കോളജി നിങ്ങൾ നോക്കിയിട്ട് പറയില്ല അവർക്കൊരു പുതിയ സൈക്കിൾ മേടിച്ചെടുത്താൽ ഉടനെ അവൻ അതെടുത്തിട്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ കൊടുക്കുന്ന ചവിട്ടു കാരണം ഒന്ന് കാണിച്ചു കൊടുക്കണം എനിക്കിങ്ങനെ സാധനം ഉണ്ടെന്നുള്ളത് അതെല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് നമ്മളിപ്പോൾ ഒരു പുതിയ വസ്ത്രം എടുത്തിട്ടൊരു കല്യാണത്തിന് പോയി ഞാൻ ആരെങ്കിലും അത് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിപ്പിക്കും നമ്മളിങ്ങനെ ചോദിക്കും അല്ല ഈ പുതിയ വസ്ത്രം എടുത്താൽ വേർക്കും ഇങ്ങനെയെന്ന് അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് അല്ല ഞാൻ പുതിയ വസ്ത്രം എടുത്തുകൊണ്ട് അറിയില്ലേ ഭയങ്കര വേർപ്പ് വരും എനിക്കിന്ന് അപ്പൊ ആളുകൾ ചോദിക്കുന്നു ഓ ഇത് പുതിയ ഡ്രസ്സാണല്ലേ എന്ന് അതുവരെ നമ്മളിങ്ങനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും ആരെങ്കിലും അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഓക്കെ മായിരുന്നു അതൊരു സന്തോഷമാണ് നമുക്ക് അതല്ല ആരും ഒരു അഭിപ്രായം പറയുന്നുമില്ല ഒന്ന് നോക്കണു പോലും ഇല്ലെങ്കിൽ നമുക്കെന്ന് തോന്നുന്നു ഇതെത്ര നന്നായിട്ടില്ല പിന്നെ നമ്മൾ ആരോടെങ്കിലും ചോദിക്കും അല്ലെ എൻ്റെ രസങ്ങളുണ്ടൊന്ന് പറയുമെന്ന് എന്നാലും നമ്മളൊന്ന് ചോദിച്ച് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവണം സത്രാജിത്ത് മണിയും തൂക്കി ഇങ്ങനെ നടക്കാൻ തുടങ്ങി ഒരിക്കൽ ഭഗവാന്റെ സഭയിലെത്തിച്ചേർന്ന് മണിയുടെ മഹത്വം ഇങ്ങനെ വിസ്തരിച്ചോ കൃഷ്ണ ഒന്നും പറയേണ്ട ഗംഭീരെന്ന് ഭഗവാൻ പറഞ്ഞു സത്രാജ്യത്തെ ഈ മണിയും കൊണ്ട് വീട്ടിൽ പോയ അപകടമാണ് ഇതിവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുകയായിരിക്കും നല്ലത് പ്രസവിക്കുന്ന മണി ആയതുകൊണ്ട് രാജാവ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നാടിന്റെ ദാരിദ്ര്യം പോവും അല്ലെ ഇപ്പോ നിങ്ങൾക്കൊരാൾക്കല്ലേ പ്രചോദനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് രാജാവിനെ ഏൽപ്പിക്കുമെന്ന് സത്രാജ്യത്തെ ഉടനെ പറയാണ് അങ്ങനെ രാജാവിനെ ഏൽപ്പിക്കണം എന്നായിരുന്നു നിശ്ചയമെങ്കിൽ സൂര്യദേവനെ അങ്ങനെ ഏൽപ്പിച്ചാൽ മതി ഉഗ്രസേന ചക്രവർത്തി എന്നെ ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അപ്പൊ എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ അതിന് യോഗ്യനാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇനി നിങ്ങളുടെ രാജാവിൻ ഇങ്ങനെ ഒരു വേണമെന്നുണ്ടെങ്കിൽ മന്ത്രം ഞാൻ പറഞ്ഞുതരാം അയാളിരുന്ന് ചൊല്ലിക്കോട്ടെ പക്ഷേ അങ്ങനെ അടങ്ങാത്ത സംഗതി കിട്ടും എന്നൊക്കെ ഞാൻ നടക്കില്ലേ കൃഷ്ണ അതുകൊണ്ട് മോഹം മനസ്സിൽ വെച്ചാൽ മതി ഞാനിത് കൊണ്ടുപോണുവാറും കൊണ്ടുപോയി അന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രസേനൻ വന്നിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു ആ മണിയൊന്നെ എനിക്ക് വേണമെന്ന് അതെന്തിനാണ് എനിക്ക് മൃഗയാവിനോദം ചെയ്യാനാണ് ശരി കൊണ്ടുപോയിക്കോളൂ ഓർമ്മ കാരണം അന്നത്തെ കാലത്ത് അനുജം പറഞ്ഞ ഏട്ടെടുത്തു കൊടുക്കുന്ന കാലമാണ് എന്ന് പോന്ന് കൊടുക്കും ഏട്ടൻ കാലം മാറിയ കാലം കൊണ്ടുപോയി കാട്ടിലെത്തി ഈ മണിയും കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു സിംഹം തെറ്റിദ്ധരിച്ചു ഇതെന്തോ ഒരു സാധനമാണ് പഴാണെന്ന് സിംഹം ഇയാളുടെ മേല് വീണ് ഇയാളെ കൊന്നു മഹത്വം കണ്ടത് കുരങ്ങന്മാര് കൊരങ്ങന്മാരുടെ നേതാവായ ജാമ്പവാനോട് ചെന്നിട്ട് പറഞ്ഞു ഒരു ഗംഭീര സാധനം ഒരു ശവത്തിന്റെ മുകളിൽ ഒരാളുടെ ശവത്തിന്റെ മുകളിൽ കിടക്കണോ അങ്ങനെ സിംഹം അതിനെ പിടിച്ചു വലിച്ച് കൊണ്ടുകൊണ്ടത് കേട്ടപ്പോൾ ജാമ്പവാൻ വന്ന് സിംഹത്തിന് ഒരൊറ്റ അടി വെച്ചു കൊടുത്ത് അതിനെ കൊന്ന് മണിയും കൊണ്ടുപോയി അദ്ദേഹത്തിന് ഒരു സുന്ദരിയായിട്ടുള്ള വളർത്തുകുട്ടിയുണ്ട് അവളുടെ പേര് ജാമ്പവതി എന്നായിരുന്നു അവൾക്കെയും മണി കൊടുത്തു എവിടെയാണെങ്കിലോ സത്രാജിത്തിന്റെ സഹോദരനെ കാണാതെയായിപ്പോ സത്രാജിത്ത് പറഞ്ഞു നടത്തി യോ കിഞ്ചന വർത്തമാനം അങ്ങനെ ഒരു വർത്തമാനം പറയാൻ തുടങ്ങി എന്താ വർത്തമാനം എൻ്റെ ഈ മണി അപഹരിച്ചത് കൃഷ്ണനാണ് അതിനുവേണ്ടി സഹോദരനെ കൊന്നു എന്ന് പറഞ്ഞ കണ്ട് പ്രചരിപ്പിച്ചു ഒരു ദിവസം ഭഗവാൻ ചോദിച്ചു അല്ല കൃഷ്ണ നീ ബലരാമസ്വാമി ചോദിച്ചു നിനക്കതിനെക്കുറിച്ച് നല്ല അറിവുണ്ടോന്ന് ജ്യേഷ്ഠം ഞാനെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ എടുക്കണമെന്ന് ഞാൻ നേരിട്ട് പോയി എടുത്തുകൊണ്ടു വരില്ലേ ഒരാളെ കൊന്നിട്ടൊക്കെ വേണം എനിക്കെടുക്കാൻ എന്തായാലും കൃഷ്ണന്റെ നേരെയാണ് ഇപ്പോൾ പരാതികളൊക്കെ വന്നിരിക്കുന്നത് കൃഷ്ണൻ തന്നെ തെളിയിച്ചോളൂ ഭഗവാൻ രണ്ടു മൂന്ന് മന്ത്രിമാരുടെ കൂടെ കാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു അവസാനം ജാംഭവാന്റെ ഗുഹ കണ്ടെത്തി മന്ത്രിമാരോട് പറഞ്ഞു നിങ്ങളുടെ കാവിലും എന്നുള്ളത് ഞാൻ അകത്തു പോകാന്ന് ഭഗവാൻ അകത്തേക്ക് കയറിച്ചു നോക്കുമ്പോ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഈ രത്നം കിടക്കുന്നുണ്ട് പെൺകുട്ടിയാണെങ്കിൽ നല്ല സുന്ദരിയാണ് ഇരുട്ടുമല്ലേ ഭഗവാൻ ഉടനെ തന്നെ അവളോട് പറഞ്ഞു ഡേ കുട്ടി ആ മണി ഇവിടെ വരുമെന്ന് അവൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഓടി അകത്തേക്കെന്നിട്ട് പറഞ്ഞു ജാംഭവാനോട് ഒരു കറുത്തിട്ടൊരു മനുഷ്യൻ വന്നിട്ടുണ്ട് മണി ചോദിച്ചിട്ട് ഉടനെ ജാംഭവാനിറങ്ങി ഒന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആർക്കാ ഈ മണി വേണ്ട വെച്ചാൽ മെടുക്കുള്ള വെച്ചാൽ ഒന്ന് എന്റെ അടുത്ത് നിങ്ങൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞു വന്നൊരൊറ്റ പ്രഹരം വെച്ചു കൊടുത്തു ഭഗവാൻ വിടോ കൊടുത്തു ആ യുദ്ധം ഇരുപത്തിയേഴ് ദിവസം നിന്നോണ ഇരുപത്തിയേഴാമത്തെ ദിവസം ജാംബവാൻ പറഞ്ഞു ഇത്ര ശക്തിയിൽ എന്നെ അങ്ങ് അതിമാനുഷിക ശക്തിയിലുള്ള ഒരാളാണ് ഈ ലോകത്തിൽ ഞാൻ കണ്ടെടുത്തോളം ഒരാളെയുള്ളൂ എന്ന് അങ്ങനെ ശക്തിയുള്ള ഒരാൾ ഉടനെ ഭഗവാൻ ചോദിച്ചു അങ്ങനെയുള്ള ശക്തിയുള്ള ഒരാളാരാണ് അതെന്റെ പ്രഭുവായിരിക്കുന്ന ശ്രീരാമസ്വാമി തന്നെ വേറെ ആരാണെന്ന് ഉടനെ കൃഷ്ണൻ പറഞ്ഞു എനിക്ക് അയാളെക്കുറിച്ച് ഒരു അഭിപ്രായവും ഇല്ല എന്ന് അതെന്താന്ന് ചോദിച്ചു സ്വന്തം ഭാര്യയെ കാട്ടിൽ വെച്ച് രാവണം കൊണ്ടുപോയപ്പം കരുന്ന മനുഷ്യനായത് എന്ത് ശക്തി ഉണ്ട് അയാൾക്ക് എന്നിട്ട് വാനരന്മാരെ കൊണ്ട് രക്ഷപ്പെടുത്തിയയാളും ഇത് കേട്ടതും ജാഭവാന് സഹിച്ചില്ല തൻ്റെ പ്രഭുവിന്റെ കളിയൊക്കെ ഒരൊറ്റ അങ്ങോട്ട് വെച്ചു കൊടുത്തു ഈ സമയത്ത് ഭഗവാനും നല്ല ശക്തിയിലൊരു പ്രഹരം വെച്ചെടുത്തപ്പോ ജാംബവാൻ മറിഞ്ഞു വീന്നു ആ വീഴ്ചയിൽ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടെടുത്തിട്ട് പറഞ്ഞു ജാംബവാൻ അന്ന് ത്രേതായുഗത്തിൽ അങ്ങയുടെ സഹായം കൊണ്ട് സീതാദേവിയെ സേതുമന്ത്രം ചെയ്ത് രാവണനെ വധിച്ച് വീണ്ടെടുത്ത ശ്രീരാമസ്വാമിയിലേ അതേ ശ്രീരാമസ്വാമി തന്നെയാണ് ഇന്ന് കൃഷ്ണരൂപത്തിൽ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ ആ കൃഷ്ണനിലൂടെ ശ്രീരാമനെ കാണാൻ ജാംബവാന് സാധിച്ചു എന്ന് ആ പാദങ്ങളിൽ വീണ് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഭഗവാനെ വലിയ അപരാധ ചെയ്തത് എല്ലാവരും പൂജിക്കുക ചെയ്യ പ്രഭുവിനെ ഞാൻ ഇരുപത്തേഴ് ദിവസം അടിച്ചു പൂജിച്ചുവല്ലോ എന്ന് തല്ലിയിട്ടാണല്ലോ എൻ്റെ പൂജ നടന്നതെന്ന് ക്ഷമിക്കണം അപരാധം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രായച്ചിത്തം ചെയ്യണം അതിനനുവദിക്കണെന്ന് ഭഗവാൻ പറഞ്ഞു എൻ്റെ ജാംഭവാൻ സത്രാജിത്തിൻ്റെ മണിയാണല്ലോ നഷ്ടപ്പെട്ടത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് തന്നാൽ പ്രായച്ചിത്തായി എന്നിട്ട് ഞാൻ പോയിക്കോളാണ് പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്റെ ഒരു മകളും കൂടി ഉണ്ട് അവളെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ സത്യഭാ സോറി ജാമ്പതിയെ ഭഗവാൻ ഏൽപ്പിച്ചു കൊടുത്തു ഇരുപത്തിയെട്ടാമത്തെ ദിവസം ഭഗവാൻ ദ്വാരകയിൽ തിരിച്ചെത്തിയപ്പോ ദ്വാരക മുഴുവൻ വീണ്ടും ആനന്ദ കാരണം നഷ്ടപ്പെട്ടു പോയ ഭഗവാൻ എല്ലാവരും കരുതി ഭഗവാൻ പോയി എന്നാണ് ഇടയ്ക്ക് വെച്ച് മന്ത്രിമാര് വിട്ടുപോകും ചെയ്തിട്ടുണ്ട് കാട്ടിൽ വെച്ച് മന്ത്രിമാർ പറഞ്ഞു ഭഗവാനോ പോയി നീ ഞങ്ങളെങ്കിലും രക്ഷപ്പെടുത്തേന്ന് ഇനി ഭഗവാൻ തിരിച്ചു വന്നിരിക്കണോ രുപണി ദേവിക്കൊക്കെ വളരെ സന്തോഷമായി ഭഗവാൻ നേരെ ബലരാമസ്വാമിയിലെടുത്തിയെന്ന് മണി കാഴ്ച വെച്ചിട്ട് പറഞ്ഞു ഇതാ കണ്ടില്ലേ ജ്യേഷ്ഠ ഞാനല്ല എടുത്തതെന്ന് അതെനിക്ക് മനസ്സിലായി കൂടുള്ള കുട്ടിയാരാണെന്ന് അത് മണി കാരണം കിട്ടിയതാണെന്ന് ഉടനെ കാര്യം ചെയ്തോളൂ വേഗം ഈ മണി കൊണ്ടു കൊടുക്കൂ സത്രാജ്യത്തിന് പറഞ്ഞു പിന്നെ ഭഗവാൻ കാത്തിരുന്നില്ല വേഗം പോയി സത്രാജ്യത്തിന്റെ അടുത്ത് മണി കൊണ്ടുപോയി വെച്ചപ്പോ സത്രാജിത്ത് കരയാൻ തുടങ്ങി അങ്ങയെക്കുറിച്ച് ഞാനില്ലാത്ത പരാതികളൊക്കെ പറഞ്ഞു ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ ഭഗവാൻ പറഞ്ഞ സാരല്ലേ പറഞ്ഞു പോയില്ല ഇനിയിപ്പം എടുക്കാൻ പറ്റില്ലല്ലോ പോയത് കോട്ടേന്ന് ഈ മണി അങ്ങ് കയ്യിൽ വെച്ചോളൂ ഞാനല്ല കൊണ്ടുപോയത് ബോധ്യയില്ലേന്ന് ആ സമയത്ത് സത്രാജിത്ത് പറയുകയാണ് എനിക്കും ഒരു പ്രായചിത്തം ചെയ്യണം ചെയ്ത തെറ്റെന്ന് വേണ്ട ഈ മണി തോന്നി വേണ്ട അങ്ങനെ കയ്യിൽ വെച്ചോളൂ പറഞ്ഞു അല്ലല്ല അങ്ങനെ പറ്റില്ല കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് തന്റെ മകളെ വിളിച്ചിട്ട് ഭഗവാന്റെ കയ്യിലേൽപ്പിച്ചു കൂടെ മണിയും കൊടുത്തു ഭഗവാൻ ആ മണിയെടുത്ത് തിരിച്ച് സത്രാജ്യത്തിന് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു മണി വേണ്ട സത്രാജ്യത്തെ കാരണം മണി കൂടുമ്പോഴാണ് ഒന്നിലധികം കെട്ടാൻ തോന്നിയ മനുഷ്യന് അതുകൊണ്ട് നീ എന്നെടുത്തോളു പറഞ്ഞിട്ട് സത്യഭാവയും കൂട്ടിപ്പോന്നാണ് കൊട്ടാരത്തിലെത്തി ബലരാമസ്വാമി വെച്ചു ദന്താ കൃഷ്ണ എങ്ങനെയെന്ന് പറഞ്ഞു മണി കാരണം ഇങ്ങനെ തന്നെയാണ് പണം അധികം കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിലൊക്കെ അധികം കെട്ടാൻ തോന്നും മനുഷ്യന് ഒന്നിലൊന്നും അധികാവില്ല അതുകൊണ്ടിപ്പം ഞാൻ രണ്ട് ഭാര്യമാര് രക്മിണി ദേവി ഒന്നും പറഞ്ഞില്ല കൂട്ടിക്കൊണ്ടും അവരെ കകത്തേക്കാക്കി പാവം കൃഷ്ണന്റെ ഒരു ഗതി ഇങ്ങനെയായിരിക്കാന്ന് വെച്ചു അതിനുശേഷം എന്നിട്ട് ഭഗവാൻ സമാധാനം ഉണ്ടായില്ല ഭഗവാൻ പാണ്ഡവന്മാരെ അരക്കില്ലത്തിലിട്ട് കൗരവന്മാരെ കൊന്നു എന്നത് കേട്ടപ്പോ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് കുണ്ടി ദേവി ആശ്വസിപ്പിക്കാനായിട്ട് ഭഗവാൻ അസ്ഥിരപുരത്തിൽ എത്തിച്ചേർന്നു ആ സമയത്താണ് ഇവിടെ ഭഗവാൻ ഇല്ല എന്ന് കണ്ടതും അക്രൂരരുടെ നേതൃത്വത്തിൽ ഈ സെമകമണി കിട്ടാൻ വേണ്ടി ഒരു നടന്നു അതിന് പിന്നിലായിരുന്നു ശതവർമ്മൻ എന്നൊരു കൃതവർമാവും ശതദന്മൻ എന്ന് പറയുന്ന ആളുകളൊക്കെ ആയിരുന്നു എന്നൊരു ഗുണ്ടയാണ് കൃതവർമാവ് ഒരു മന്ത്രിയാണ് അപ്പൊ ഈ കൃതവർമാവിനായിരുന്നു സത്യഭാമയെ വാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചത് ഇപ്പോൾ ഭഗവാൻ പെണ്ണോ പോയിരുന്ന പിന്നെ മണിയെങ്കിലും കിട്ടുക വിചാരിച്ചിട്ട് അക്രൂരോട് ചോദിച്ചപ്പോൾ അക്രൂർ പറഞ്ഞു രാത്രിക്ക് രാത്രി സത്രരാജ്യത്തിനെ കൊന്നാൽ മണി കിട്ടുന്നു അങ്ങനെ ശതദുണ്ണനെ ഏർപ്പാടാക്കിയിട്ട് രാത്രിക്ക് രാത്രി സപ്താജിത്തിനെ വധിച്ച് മണി വീണ്ടെടുത്ത് അവർ പോയി എന്ന് പറയാണ് സത്യമാമ തന്റെ പിതാവിനെ വധിച്ചു തറഞ്ഞതും അതിവേഗതയുള്ള രഥമെടുത്ത് അസ്ഥനപരത്തിൽ ചെന്ന് ഭഗവാന്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നന്ദിയില്ലാത്ത ആ വർഗം എന്റെ അച്ഛനെ വന്നിട്ട് അതിനെ പ്രതികാരം ചോദിക്കണം അവരോട് മറുപടി ചോദിക്കുമെന്ന് പറഞ്ഞപ്പോ ഭഗവാനും ബലരാമസ്വാമി തിരിച്ചു വരണോ അങ്ങനെ തിരിച്ചു വന്ന് ശതതന്നെ തന്റെ പുറകിൽ രഥവുമായിട്ട് പോകുന്നു മിഥില വരെ അവൻ ഓടി രക്ഷപ്പെട്ടുവെന്നാണ് അവിടെ വച്ച് ഭഗവാൻ വാളെടുത്തന്റെ അവ ശിരസ് വെട്ടി എന്നിട്ട് തപ്പി നോക്കിയപ്പോ മണി കാണാനില്ല ഉടനെ ബലരാമസ്വാമി ഒരു തപ്പിയിട്ട് വേണ്ട കൃഷ്ണ വെട്ടേണ്ടതെന്ന് ഇതിപ്പോ എവിടെ പോയതെന്ന് ഒരുപാടയിൽ ആദ്യം വെട്ടേണ്ടിയിരുന്നിരുന്നു എന്നിട്ട് മിഥിലയിലേക്ക് അവിടെ എത്തിയപ്പോ ബലരാമസ്വാമിക്ക് ചെറിയൊരു സംശയം തോന്നി എന്താ സംശയം മണി വാസ്തവത്തിൽ വേണമായിരുന്നു എങ്കിൽ ചോരും ചോച്ചിലേ കൃഷ്ണൻ വെട്ടുള്ളൂ ഇത് വെട്ടിയിട്ട് തപ്പിയതുകൊണ്ട് കൃഷ്ണൻ ചെറിയൊരു പങ്കുണ്ടോ സംശയം ഏതായാലും ഭഗവാൻ ബലരാമസ്വാമി പറഞ്ഞു കൃഷ്ണ ഞാനേതായാലും ഇനി ആ മണി കണ്ടെത്താത്തടത്തോളം കാലം അങ്ങട്ടില്ലേ ഞാൻ മിഥിലയിലേക്ക് പോകണമെന്ന് പറഞ്ഞു അവിടുത്തെ പോയി ഭഗവാനാണെങ്കിൽ തിരിച്ചു വരണോ പിന്നെ മണിയുടെ ഒരു അന്വേഷണവും ഇല്ല ഈ മണിയാണെങ്കിലോ കൃതവർമാവേഗം അക്രൂരെ ഏൽപ്പിച്ചു അക്രൂര മണിയായിട്ട് നേരെ കാശിക്ക് പോയി കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് സന്യാസവേഷത്തിൽ അവിടെയിരുന്നു ഈ മണി അങ്ങനെ കയ്യിൽ വയ്ക്കാൻ പറ്റില്ല അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ നോട്ട് വയ്ക്കുന്ന പോലില്ല മണി ഇത് പ്രസവിക്കും ഇതിങ്ങനെ പ്രസവിച്ചുകൊണ്ടിരുന്നു നാട്ടുകാർക്കൊക്കെ ദാനം അന്നദാനം എല്ലാവരും അവിടേക്ക് അവിടേക്ക് ഒഴുകാൻ തുടങ്ങി എന്തിന് പറയുന്നു കുറച്ച് നാളുകളെ കൊണ്ട് പണക്കാരനായ സന്യാസി അക്രൂരർ ഇത്രയും പണമുള്ളൊരു സന്യാസി വേറെ എല്ലാവർക്കും വളരെ ആദരവ് ഇവിടെയാണെങ്കിൽ സത്യഭാമാദേവിക്ക് പോലും ചെറിയൊരു ഡൗട്ട് തോന്നി കൃഷ്ണൻ ഇതിലൊക്കെ ഒരു പങ്കുണ്ടോ എന്ന് ഒരു ദിവസം ചോദിച്ചു അങ്ങ് എന്താ എന്റെ പിതാവിന്റെ വധത്തിനെക്കുറിച്ച് ഇതുവരെ അന്വേഷിക്കാഞ്ഞത് ഈ മണി എന്താ വീണ്ടെടുക്കാൻ അങ്ങ് ശ്രമിക്കാത്തതെന്ന് ഉടനെ ഭഗവാൻ ഒരു ദൂതനെ പറഞ്ഞേക്കുകയാണ് കാശിക്ക് അവിടെ വച്ച് ദൂതനോട് പറഞ്ഞു ഭഗവാൻ അക്രൂരൊരു ദ്വാരകയിലെത്തിയാലേ മഴ പെയ്യുള്ളൂ അങ്ങനെ അവിടെ ആ ദൂതൻ അക്രൂരാണെങ്കിലും സന്യാസവേഷത്തിൽ കണ്ണൊക്കെ കടച്ചുകൊണ്ടിരിക്കുകയാണ് കാൽക്കൽ ഉണ്ടിട്ട് പറഞ്ഞു ഞാൻ അനുഗ്രഹം മേടിക്കാനല്ല ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നതെന്ന് അക്രൂര് പറയ്ക്കാൻ തുടങ്ങി എങ്ങോട്ടെന്ന് അങ്ങോട്ടൊന്നുമല്ല ദ്വാരകയിലേക്ക് ഭഗവാൻ കൃഷ്ണൻ കാത്തിരിക്കേണ്ടതെന്ന് അക്രൂർക്ക് മുട്ടുവറയ്ക്കാൻ തുടങ്ങി ഈ മണി ഇത്രയും കാലം എൻ്റെ കയ്യിലായിരുന്നു പറഞ്ഞാൽ ആ ശതന്നെ എൻ്റെ തല വെട്ടിയതുപോലെ എന്നെ വെട്ടു എന്നുള്ള പേടി ഏതായാലും നേരെ വന്ന് ഭഗവാന്റെ പാദത്തിൽ വീണ് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു അബദ്ധങ്ങളൊക്കെ പറ്റി എന്നെ ഭഗവാനെ എന്നെ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ അക്രൂരോട് പറഞ്ഞു ഉണ്ടായതൊക്കെ അങ്ങനെ ആ സമയത്ത് സത്യഭാമാദേവിക്ക് മനസ്സിലായി ഭഗവാൻ ഇതിലൊന്നും പങ്കില്ലയാണ് ഭഗവാൻ ആ മണിയെടുത്ത് അക്രൂരനെ തിരിച്ചേൽപ്പിച്ചു എന്നാണ് കഥ പറയുന്നത് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഈ കഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തത്വം എന്താണ് സമന്ദക മണി എന്നുള്ളതാണ് ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ മണിയാണ് വിവേകത്തിൻ്റെ മണി വിവേക ബുദ്ധി എന്നറിയപ്പെടുന്ന വിവേക ചൂടാമണി ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും ഉയർന്നു ഉയർത്തി വെക്കേണ്ട സാധനമാണ് വിവേകം എന്നത് നമുക്ക് രണ്ട് തരം വിവേകം വേണം ഒന്ന് ഭൗതിക വിവേകം വേണം രണ്ട് ആത്മീയ വിവേകം വേണം ഭൗതിക വിവേകം എല്ലാവർക്കും ഉണ്ട് ആളുകൾ രാവിലെ അമ്പലത്തിലേക്ക് വരുന്നത് ഓ രാവിലെ അങ്ങനെ അനസമായി കിടക്കാൻ പാടില്ല എണീക്കണം അമ്പലത്തിൽ പോകണം തൊഴണം ഇതൊരു വിവേകമാണ് അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വിവേകം വരാറുണ്ട് ഏത് കഴിക്കണം ഏത് കഴിക്കരുത് നമ്മുടെ പണം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വിവേകം വരാറുണ്ട് ഏറ്റവും വലിയ വിവേകം എന്ന് പറയുന്നത് എന്താണ് ജീവിതത്തിൽ ഉത്സാഹവും ആനന്ദവും ഉന്മേഷവും എപ്പോഴും ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടെന്ന മറക്കാത്ത സ്മരണയാണ് വലിയ വിവേകം അതുകൊണ്ടാണ് മണി പ്രസവിക്കുന്ന പറയുന്നത് എട്ട് തൂക്കം ഭാരം സ്വർണത്തിൽ തരും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എട്ട് ശക്തികളെ ഈ മണി തരുന്നതാണ് അത് ശാരീരികമായിരിക്കാം മാനസികമായിരിക്കാം ഇന്ദ്രിയങ്ങളുടെ തലത്തിലായിരിക്കാം പ്രാണന്റെ തലത്തിലായിരിക്കാം ബുദ്ധിയുടെ തലത്തിലായിരിക്കാം അതുപോലെ സ്നേഹത്തിന്റെ തലത്തിലായിരിക്കാം ഇങ്ങനെ തുടർന്ന് തുടർന്ന് പല തലങ്ങളിലും ഭഗവാൻ നമുക്ക് വേണ്ടെടുത്ത് വേണ്ട ശക്തി തന്ന് നമ്മൾ ഉണർത്തുന്നു പ്രിയാണ് ഈ മണിക്ക് അത്ര ഈ ശക്തിയുണ്ട് ഈ മണി കിട്ടാനെന്താ വേണ്ടത് വിവേകമുണ്ടാവാൻ എന്താ വേണ്ടത് അതിനാണ് ഉപാസനകളൊക്കെ ചെയ്യേണ്ടത് അമ്പലത്തിൽ പോയി തൊഴുതു പോയാൽ മാത്രം പോരാ കുറച്ചു നേരം കവിടിയിരിക്കണം പറ്റിയാൽ നാമം ചൊല്ലണം അല്ലെങ്കിൽ വിഷ്ണു സഹസനാമം ചൊല്ലണം അതും പറ്റിയിട്ടില്ലെങ്കിലോ വെറുതെ ഇരുന്ന് കുറച്ചു നേരം നാമം ചൊല്ലാം ഏത് മന്ത്രം ചൊല്ലണം ഇന്ന് വൈകുന്നേരം നമുക്കതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കാരണം ഇന്ന് നമുക്ക് ഇപ്പൊ സമയം നമുക്ക് അതിനനുവദനീയമല്ല ആ ചോദ്യങ്ങളൊക്കെ വൈകുന്നേരം വരുന്നുണ്ട് ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് കലികാലത്തിൽ ഏറ്റവും ഉന്നതമായ മന്ത്രം ഏതാണ് അതൊക്കെ വരുന്നുണ്ട് ഏതായാലും ഇപ്രകാരം ഈ വിവേകത്തിന്റെ ചൂടാമണി അത് ധരിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വിവേകത്തിന്റെ ചൂടാമണി ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങളാണ് യോഗവും ക്ഷേമവും ഭഗവാൻ യോഗക്ഷേമം നോക്കുന്നതാണ് ഗീതയിൽ ഭഗവാൻ പറയും അനന്യാ ചിന്തയന്തോമാ ഏജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം യോഗം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ഉത്സാഹവും ആനന്ദവും ക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാൻ തോന്നലാണ് ക്ഷേമം വേണ്ടതൊക്കെ വേണ്ട സമയത്ത് ഭഗവാൻ എത്തിച്ചു നമുക്ക് ആ വിശ്വാസം ദൃഢമാണെങ്കിൽ നടന്നിരിക്കുന്നവരെയാണ് അങ്ങനെ യോഗക്ഷേമങ്ങൾ ഭഗവാൻ ചെയ്തു തരും അല്ലെങ്കിൽ ഭഗവാൻ തരും എങ്ങനെയുള്ള ഒരാൾക്ക് അനന്യമായി ഭഗവാനെ സ്മരിക്കുന്ന ഒരാൾക്ക് അനന്യം എന്ന് സ്മരിക്കുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞ് ഈ ഭാഗം ഉപസംഭരിപ്പിക്കുകയാണ് അപ്പൊ സെമന്തകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള മാണ് ആ വിവേകമുണ്ടാകണമെങ്കിൽ ഉപാസന ചെയ്യണം ആ വിവേകത്തിലൂടെ എന്താ വേണ്ടത് എപ്പോഴും ഉത്സാഹവും ഊർജവും പ്രചോദനവും ആനന്ദവും ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന അറിവിൽ ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോ നമുക്ക് വേണ്ട യോഗക്ഷേമങ്ങൾ ഭഗവാൻ തന്നിരിക്കും പ്രേമത്തോടുകൂടി ഭഗവാനെ സ്മരിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മളെയും സ്മരിക്കുക നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കെന്ന് പറയാറുണ്ട് ഭഗവാന്റെ കാര്യത്തിലും അത് ഭഗവാനെ നമ്മൾ പ്രേമത്തോടെ സ്മരിച്ചാൽ ഭഗവാൻ പ്രേമത്തോടുകൂടി നമുക്ക് വേണ്ടത് ഒരുക്കിത്തരും തീർച്ചയായിട്ടും ആ ഒരു ദൃഢതയിൽ നമ്മൾ ജീവിക്കാൻ ഈ ഉപാഖ്യാനം പറയുന്നു അതിനുശേഷം പിന്നീട് അടുത്ത ഉപാഖ്യാനം മറ്റ് വിവാഹങ്ങളാണ് അത് ഭക്ഷണത്തിന് ശേഷം നമുക്ക് നോക്കാം സർവത്ര ഗോവിന്ദമസങ്കീർത്തനം